നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ നിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുക നിങ്ങളുടെ രക്ഷിതാവ് തൻറെ മേൽ കാരുണ്യം നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങളിലാരെങ്കിലും അറിവില്ലായ്മ കൊണ്ട് തെറ്റു ചെയ്യുകയും പിന്നീടതിൽ നിന്ന് തൗപ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്